പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ ഹുസലമയുടെ പേരിൽ സാമ്പത്തിക ചൂഷണം ലക്ഷ്യമാക്കി അവതരിപ്പിച്ച കേശം വ്യാജമാണെന്ന് കാന്തപുരം വിഭാഗത്തിലെ ഒരു വിഭാഗം തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ അതുപയോഗിച്ചുള്ള സാമ്പത്തിക ചൂഷണ കേന്ദ്രത്തിന് ശിലവാകാൻ മന്ത്രി പരിവാരങ്ങളുമായി വന്നതിൻ്റെ ധാർമ്മികത എന്തെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിശദീകരിക്കണമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ക്യാമ്പയിൻ ഉണ്ട സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വ്യാജകാശം സൂക്ഷിക്കാൻ പള്ളി നിർമ്മിക്കുമെന്നും അതിനു ചുറ്റും ടൌൺഷിപ്പ് പണിയുമെന്നും പ്രചരിപ്പിച്ച് സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപ സംബന്ധിച്ച് ഉടൻ അന്വേഷണത്തിന് ഉത്തരവിടണം ഇത്തരം ചൂഷകർക്ക് ഇടം ലഭിക്കാൻ മഹല്ല് തലങ്ങളിൽ നടന്നുവരുന്ന ശിഥിലീകരണ ശ്രമങ്ങൾക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് പ്രതിഷേധാർഹമാണ് അവതാരകൻ കെ റഷീദ് ഫൈസി അനുവാദകൻ കെ എൻ എസ് ഈ പ്രമേയം ഒരു തകബീരോടെ പാസാക്കുകയാണ് ആശംസാ പ്രസംഗമാണ് ചെറിയ വാക്കുകളിൽ ബഹുമെന്നായി എൽ വിസ്താദിന്റെ ആശംസാ പ്രസംഗത്തെ ക്ഷമിക്കുന്നു സാധനം അസലക്കും ില്ല സുലാത്തു വസ്സലാംസുബിയൻ മായി നമാബാൻ മഹാനായ അധ്യക്ഷൻ ബഹുമാൻപ്പെട്ടത് ഞങ്ങളുടെ നേതാവ് തങ്ങൾ അതേപോലെ ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളായ നേതാക്കളെ പ്രവർത്തകന്മാരെ വിദ്യാർത്ഥികളെ മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും കുടപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാനുഹുബത്തേല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ആ കുഴപ്പങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് എസ് കെ എസ് എസ് എഫിന്റെ ക്യാമ്പയിൻ ഇവിടെ സദാചാരങ്ങളെ സൽക്കർമ്മങ്ങളെ നിലനിർത്താനും ധാർമ്മികമായ അപശ്യുതിക്കെതിരെ അണിനിരക്കാനുമുള്ള പ്രമേയവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവുമധികമായ അധികം മാരകമായി മനുഷ്യരെ ബാധിക്കുന്നത് കുഴപ്പങ്ങളാണ് ച്തിയാണ് ധാർമ്മികമായ അപച്ുതിയാണ് പണ്ഡിതന്മാർ പറയുകയുണ്ടായി ഈ ലോകം ഭയക്കുന്നത് അതാണ് അർബുദത്തെക്കാൾ മാരക രോഗങ്ങളെക്കാൾ മാനുഷിക മനഃശാസ്ത്രപരമായ അസ്വസ്ഥതയും ആ മാത്രമാണ് ഇന്ന് മാനവരാശി ഏറ്റവുമധികം ഭയക്കുന്നത് മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിച്ച ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി പ്രൊഫസറായ ഡോക്ടർ വില്യം ജെയിംസ് അദ്ദേഹം പറഞ്ഞത് ഈ ലോകത്തുള്ള ഏറ്റവും മാരകമായ അസ്വസ്ഥത മാനവരാശിയിലുള്ള ധാർമ്മികമായ അപശ്യുതിയാണ് അതുകൊണ്ട് മനുഷ്യൻ നന്നാവണമെങ്കിൽ ദൈവസ്മരണ ഉണ്ടാവണം ധാർമ്മികതയിലേക്ക് മടങ്ങണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പരിശുദ്ധ കുറുവാൻ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്തത് ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ കുറുവാൻ പറയുകയുണ്ടായി അല്ലിത്വമായി സ്മരണ കൊണ്ട് മാത്രമേ മനുഷ്യന് സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ ഇവിടെ ലോകപ്പെട്ടിരിക്കുന്നു അറബി ലോകത്ത് പാശ്ചാത്യ ലോകത്ത് പൗരക്ഷ്യ ലോകത്ത് ലോകത്തെവിടെയും വഴക്ക് വട്ടാടം വെറുപ്പ് വിദ്വേഷം അപസ്വരങ്ങൾ അങ്ങനെ ശ്രദ്ധായമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ലോകം കഴിഞ്ഞു പോകുന്നത് ഈ കാലഘട്ടത്തിൽ എസ് കെ ഏറ്റവും വലിയ ദൗത്യമാണ് നാം പത്രം വായിച്ചാൽ കുടുംബങ്ങൾ തമ്മിൽ ബന്ധമില്ല അവരുടെ ധാർമ്മികതയില്ല ചെറിയ ചോരക്കുഞ്ഞിനെ പോലും വളരെ മോശമായ തരത്തിൽ ബലാത്കാരം ചെയ്യപ്പെടുന്ന വളരെ വൃത്തികെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരുടെയൊക്കെ ാണ് അതുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ധാർമ്മികമായതിരെയുള്ള സമരത്തിലേക്കാണ് നാം കാലെടുത്ത് വെച്ചിരിക്കുന്നത് അത് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നിങ്ങൾ നടത്തണമെന്ന് പ്രത്യേകം നടത്തുകയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയമ്മ അത് പവിത്രമായ ഒരു സംഘടനയാണത് അതിനെവിടെ സ്ഥാപിച്ചത് പരിശുദ്ധാദരവായ റസൂലിഹു എന്ന സ്ഥലം തങ്ങൾ മുതൽ മുതൽ ഈ കേരളത്തിൽ മഹാന്മാരായ കുത്തുപിത്തങ്ങൾ അതേപോലെ തന്നെ മഹുതൂമ്യങ്ങൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ ആര്ഷീങ്ങൾ ഔലിയാക്കന്മാർ സ്ഥാപിച്ച ഏറ്റവും മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ്മ പരമ്പരാഗതമായ അവസാനം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഈ സമസ്ത കേരള ജമിയ തുലമയ്ക്ക് പിന്നെ നേതൃത്വം നൽകി ആ മഹാരഥന്മാരായ മഹത്തുക്കളുടെ പാതയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ്മ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സമസ്ത കേരള ജമ്യത്തുലമായ മഹാത്മാക്കളുടെ സംഘടനയാണ് ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾ ശംസുലമ്മ അവരുടെ മേലെ ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങൾ അതേപോലെ തന്നെ പിന്നെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അതേപോലെ മഹാരഥന്മാർ അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നത് സത്യത്തിന്റെ പ്രചാരകന്മാരായിട്ടാണ് പക്ഷേ അവകാശങ്ങളെ നിഷേധിച്ചാൽ നമ്മൾക്ക് നന്നായി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങളും ബഹുമാനപ്പെട്ട ആലു മുഷാരും അവരെല്ലാം ഏത് സർക്കാരായിരുന്നാലും ശരി ബ്രിട്ടീഷുകാരായിരുന്നാലും ശരി നമ്മളുടെ അവകാശങ്ങളെ തടസ്സം ചെയ്യാൻ നിന്നാൽ അതിനെ എങ്ങനെ പ്രതികരിക്കണമെന്നും അവർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ളതായ ഒരു അവസ്ഥയിലേക്ക് ഈ മഹത്തായ സംഘടനയെ വലിച്ചു വയ്ക്കാതെ ഇതിൻ്റെ അവകാശങ്ങൾക്കെതിരെ സമസ്തയുടെ അതേപോലെ സുന്നി യുവജന സംഘത്തിൻ്റെ അതേപോലെ എസ് കെ എസ് മാത്രം പ്രവർത്തിക്കുന്ന മനുഷ്യരെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ ഈ തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന സംഘടനയുടെ പ്രവർത്തനത്തിന് ആ വിലങ്ങി നിന്നാലും അത് നോക്കി നിൽക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുക ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് മഹത്തായ സമസ്ത കേരള ജമ്മിയ തിരുവല്ല നായുടെ സന്ദേശങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് അതിവിടെ നടിലാക്കാൻ എന്ത് ത്യാഗം ചെയ്യാൻ സന്നദ്ധരാകണമെന്ന് ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ എല്ലാ ആശംസകളും നിർന്നുകൊണ്ട് ഞാൻ